ഫിർആന്റെ ജനതയിൽ നിന്ന് നാം നിങ്ങളെ രക്ഷിച്ച കാര്യം ഓർക്കുക അവർ നിങ്ങളെ കഠിനമായ ശിക്ഷകൾക്ക് വിധേയരാക്കിയിരുന്നു നിങ്ങളുടെ പുത്രന്മാരെ അവർ കൊന്നൊടുക്കുകയും സ്ത്രീകളെ ജീവിപ്പിക്കുകയും ചെയ്തു അതിൽ നിങ്ങളുടെ രക്ഷിതാവായ ലാഹു സുബഹാനുഭൂവറ്റ ആലായുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു പരീക്ഷണമുണ്ടായിരുന്നു